പ്രയാസകരമായ സമയത്ത് മുഹമ്മദ് നിബിസല്ലാഹു അലിവസല്ലെ പിന്തുടർന്ന പ്രവാചകനും മുഹാജറുകൾക്കും അൻസാറുകൾക്കും അള്ളാഹു സുബാനഹുവായ പശ്ചാത്താപം സ്വീകരിച്ചു അവരിലെ ഒരു വിഭാഗത്തിന്റെ ഹൃദയങ്ങൾ വ്യതിചലിക്കാൻ തുടങ്ങിയതിനു ശേഷമാണത് പിന്നീട് അവൻ അവർക്ക് പശ്ചാത്താപം നൽകി തീർച്ചയായും അവൻ അവരോട് അങ്ങേയറ്റം ദയയുള്ളവനും കരുണാനിധിയുമാണ്